സ്മാത് അതുകൊണ്ട് അധശബ്ദ അപ്പൊ ഇതുവരെ പറഞ്ഞ അധശ്ദത്തിന്റെ അർത്ഥമാണ് അധശബ്ദം കൊണ്ട് എന്ത് മനസ്സിലാക്കണം യഥോക്തസാധനസമ്പത്തി ആനന്തര്യം മുമ്പ് പറഞ്ഞതായ നിത്യാനിത്യ വസ്തുവേകം യഹമുത്രാർത്ഥ ഭോഗ സാധനസമ്പത്തിന് ആനന്തര്യം എന്നാൽ അധശബ്ദത്തിനർത്ഥം പറയുന്ന സാധന സമ്പത്തി അനന്തരം ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്നർത്ഥം വരും അധശ്ദത്തിന്റെ അർത്ഥം പിതൃയാദശ്ദത്തിന്റെ അർത്ഥമായി ഇനി അതഹ രണ്ടാമത്തെ വാക്കാണ് അതഹ എന്ന് പറയുന്നത് ഏതസ്മാ ണത്താൽ എന്നൊക്കെ പറയാം വേദശബ്ദത്തിൽ നിന്ന് പഞ്ചമിയ തസ്സിൽ വരും അന്മരും നല്ല വയ്ക്കും ആ തസ് അതെന്ന് വരും വേദസ്മാക്കും ഇക്കാരണത്താൽ എന്ത് കാരണത്താൽ അതഹക്കാരണത്താൽ ഏത് കാരണത്താലും അത് അടുത്ത് പറയും ൃൃൃ ར ൃൃ ར ൃ གྷ ར གྷ ར ཉ ལར ད ོ ཉར ང ལར ར ལར ཛྷྟགར ར བྱར ར རྣྱུར རུར འའགར རྣསངི ར འབློར ར ར རྣ྾བ ഇത്ര ശബ്ദത്തിന്റെ എന്താണ് ചൊരുക്കി പറഞ്ഞാൽ അദ്ഹന്ന് പറഞ്ഞാൽ കർമ്മങ്ങളുടെ ഫലം അനിത്യമാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം പരമപുരുഷാർത്ഥം മോക്ഷമാണ് അക്കാരണത്താൽ ർത്ഥം ഇതാണോ അത് ശബ്ദത്തിൻ്റെ അർത്ഥം അതാന്ന് പറഞ്ഞാൽ ഏതസ്മാത് ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇക്കാരണത്താലണെങ്കിലും പറയാം അത് എന്താണാ കാരണമെന്നുള്ളത് അതാന്ന് പറയുന്ന ശബ്ദത്തിൽ അത് ഭാഷികാരം അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കർമ്മഫലം നിത്യമാണ് ബ്രഹ്മജ്ഞാന ഫലം നിത്യമാണ് അതുകൊണ്ട് എന്തുവേണം ബ്രഹ്മ ജിജ്ഞാസ കർത്തവ്യ ആദ്യത്തെ അഥ മംഗള അനന്തര ആരംഭ പ്രശ്ന കാഴ്സിത മംഗള അനന്തര ആരംഭ പ്രശ്ന കാൾ അഞ്ചർത്ഥമുണ്ട് അതിൽ ഭാഷകാരനോടേത അർത്ഥം അധഹ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇക്കാരണത്താൽ ഇതിനാൽ ഇങ്ങനെയൊക്കെ ഉള്ളു ഭാഷികാരാധനർത്ഥമെടുത്ത് കർമ്മങ്ങളുടെ ഫലം അനിത്യമായതുകൊണ്ടും ബ്രഹ്മജ്ഞാന ഫലം നിത്യമായതുകൊണ്ടും എന്നർത്ഥമെടുത്ത് ഇപ്പോൾ ഒരു അർത്ഥമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ പല അർത്ഥങ്ങളുണ്ട് പിന്നെ ഇവിടെ പിന്നെ എന്തുകൊണ്ട് അനന്തരം എന്നുള്ള അർത്ഥം എടുത്ത് ഭാഷ്യം എഴുതുന്ന ആളുടെ താല്പര്യം അതഹ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ അർത്ഥം ഇതുകൊണ്ട് അതുകൊണ്ടെന്ന് താല്പര്യം ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരർത്ഥം കൊടുത്ത് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരർത്ഥം കൊടുക്കാൻ കാരണം ഭാഷ എഴുതിയ താല്പര്യം സൂത്രം വായിച്ചു കഴിഞ്ഞാൽ സൂത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും മനസിലാക്കാൻ പറ്റില്ല ഭാഷ എഴുതുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത് ഇതാണ് ഇതിന്റെ അർത്ഥം ഇവിടെ ഭാഷ എഴുതിയ ശങ്കരാചാര്യ തീരുമാനിച്ച അഥാന്ന് പറഞ്ഞാൽ ഇന്നതാണ് അർത്ഥം അതഹാന്ന് പറഞ്ഞാൽ ഇന്നതാണ് അർത്ഥം അതുകൊണ്ട് സൂത്രത്തിന്റെ ആശയം എന്ന് പറയുന്നത് എന്താണ് സൂത്ര എഴുതുന്ന ആളെ ആവശ്യങ്ങൾ സൂത്രത്തിന് പ്രത്യേകിച്ച് എന്റെ അർത്ഥം അങ്ങനെ പറയാൻ പറ്റില്ല ചിലടങ്ങൾ പറയാം ഇപ്പൊ ബ്രഹ്മ ജിജ്ഞാസ അവിടെ പറയാം പക്ഷെ എല്ലായിടത്തും അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കുന്നാല് വേറൊരാള് വേറൊരു ഭാഷ എഴുതിയ വേറൊരു അർത്ഥം പറയും അപ്പൊ ബ്രഹ്മസൂത്രത്തിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് എല്ലായിടത്തും ആർക്കും ഖണ്ഡിതമായി പറയാൻ അത് വ്യാഖ്യാനിക്കുന്നവരുടെ ആശയമാണ് ശബ്ദ എന്താണുള്ള അഗ്നിഹോത്രാദീനം എന്നുവെച്ചാൽ അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളുടെ ശ്രേയസാധനാനാം ശ്രേയസാധനം അഭ്യുദയത്തിനു ഉപകരണമായിരിക്കുന്ന സ്വർഗാദി ഫലങ്ങൾക്ക് ശ്രേയസെന്നു വെച്ചാൽ അവിടെ അഭ്യദയം സ്വർഗാദി ഫലങ്ങൾക്ക് സാധനമായിരിക്കുന്ന ഈ അഗ്നിപോത്രാദി കർമ്മങ്ങളുടെ അനിത്യഫലത ഇവയുടെ ഫലങ്ങൾ അനിത്യമാണ് എന്നുള്ളത് വേദ ഏവദർശേരി വേദം തന്നെ കാണിച്ചിരുന്നു വേദത്തിൽ തന്നെ പറയുന്നു അഗ്നിപോത്രാദി കർമ്മങ്ങളുടെ ഫലം അനിത്യമാണ് വേദത്തെ ഇവിടെ പറഞ്ഞു അതിനടുത്ത് പറയുന്നത് എപ്രകാരമാണോ ഈ ഹിഹ എന്നുവെച്ചാൽ ഈ ലോകത്ത് കർമ്മ കൊണ്ട് സമ്പാദിക്കുന്ന ലോകങ്ങൾ കർമ്മം എന്ന് വെച്ചാൽ ഇവിടത്തെ കർമ്മം കൃഷി വാണിജ്യം പോലെയുള്ള കർമ്മങ്ങൾ ഇതുകൊണ്ട് സമ്പാദിക്കുന്ന ലോകം എന്ന് വെച്ചാൽ ഫലം ഇവിടെ കൃഷിയോ വാണിജ്യമൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഫലമൊക്കെ എന്ത് ചെയ്യുന്നു നശിച്ചു പോകുന്നു വേദം പറയാണ് ഏവമേവ അതുപോലെ തന്നെ അമുത്ര എന്നുവെച്ചാൽ പരലോകത്ത് പുണ്യത്തോ ലോക ഈ ഇവിടത്തെ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്ത് സമ്പാദിക്കുന്ന പുണ്യം കൊണ്ടുണ്ടാകുന്ന ലോകം എന്ന് വെച്ച ഫലം ക്ഷീയത ഗീതും പറയുന്നത് വിശാലം ക്ഷീണേ പുണ്യം ലോകം വിശാന്തി ഇവിടെ നിന്ന് വലിയ വലിയ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങ് പരലോകത്ത് പോയി കഴിഞ്ഞാൽ സ്വർഗലോകം വിശാലം പുണ്യം കൊണ്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷെ ക്ഷീണയെ പുണ്യേ പുണ്യമൊക്കെ നശിച്ചു കഴിഞ്ഞാൽ മർദ്ധ്യലോകം വിശന്തി തിരിച്ച് എന്ത് മനുഷ്യൻ മനുഷ്യന്റെ ലോകത്തിലേക്ക് തന്നെ വരുന്നു ഇത് പറയുന്നുണ്ട് ആ ബ്രഹ്മഭുവനാഥക പിന്നെ ആവർത്തിനോർജ് ബ്രഹ്മലോകം വരെ ഏതൊക്കെ ലോകങ്ങളിലുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുവരും തിരിച്ചു വരും അതും പറയുന്നുണ്ട് അതുകൊണ്ട് എന്താണ് തഥ ഇനി അത് കർമ്മത്തിന്റെ കാര്യം അങ്ങനെ അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തായി കർമ്മങ്ങളുടെ ഫലം അനിത്യമായതുകൊണ്ട് ഇനി തഥ അതുപോലെ തന്നെ പരം പുരുഷാർത്ഥം അഭിദർശിക്കുന്നുണ്ട് കാണിക്കുന്നു എവിടെ ശ്രുതി എന്ന് പറയുന്നു ബ്രഹ്മവിജ്ഞാനം കൊണ്ട് പരപുരുഷാർത്ഥം എന്ന് വെച്ചാൽ നിത്യമായ മുക്തിയെപ്പുറ എങ്ങനെ ബ്രഹ്മവിത്ത് ആത്മനോദി പരം ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്നവൻ പരം പരവുമായ മോക്ഷത്തെ ആഭിനോ പ്രാപിക്കുന്നു എന്ന് തൈത്തരീതി പറയുന്നു നിത്യം ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് വിരുദ്ധ കാര്യങ്ങളാ പറയുന്നത് ഒന്നെന്താണ് കർമ്മത്തിന്റെ ഫലം അനിത്യമാണ് മറ്റൊന്നെന്താണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം നിത്യമാണ് ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് തസ്മാ അതാണ് അതഹേട അർത്ഥം യസ്മാദ് തസ്മാ എന്ന യഥോക്തസാധനസമ്പത്തി അനന്തരം മുമ്പ് പറഞ്ഞതായ സാധനസമ്പത്തിക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ സൂത്രത്തിനുണ്ട് ബ്രഹ്മജിജ്ഞാസ അവിടെ ഒരു പദം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് കർത്തവ്യ ബ്രഹ്മ ജിജ്ഞാസന്ന് വെച്ചാൽ ബ്രഹ്മവിചാരം കർത്തവ്യ ചെയ്യേണ്ടതാണ് കർത്തവ്യ എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തേന് അധ്യാഹാരം എന്ന് ശേഷം നിത്യവുമായതുകൊണ്ട് ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണെന്നായി സൂത്രത്തിന്റെ അർത്ഥം സാധനച്രേഷ്ഠിക്ക് ശേഷം കർമ്മഫലം അനിത്യവും ബ്രഹ്മജ്ഞാനഫലം നിത്യവുമായതുകൊണ്ട് ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് സൂത്രാർത്ഥം പിന്നെ ഇതിനെയാണ് വിശദീകരിക്കുന്നത് പിന്നെ ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന പദത്തെ വിഗ്രഹിക്കുകയാണ് ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മണ എന്ന് പറയുന്ന ഏത് ഭക്തിയാണ് സൃഷ്ടിയാണ് ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ അതിൽ ആദ്യം ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു ബ്രഹ്മ പക്ഷ്യമാണ് ലക്ഷണം ജന്മാദ്യ അടുത്ത സൂത്രമാണ് ജന്മാദ്യസ്യ ജന്മാതി അസ്യഗത്തിന്റെ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഏതിൽ നിന്നാണോ ഉണ്ടായത് അതാണ് ബ്രഹ്മ ബ്രഹ്മത്തിന്റെ ലക്ഷണം ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഏതിൽ നിന്നാണോ ഉണ്ടായത് അതാണ് ബ്രഹ്മം ഇത് ഭക്ഷ്യമാണ് ലക്ഷണം പറയാൻ പോകുന്ന ലക്ഷണത്തോടു കൂടിയതാണ് ബ്രഹ്മം എന്നുവെച്ചാ അടുത്ത സൂത്രത്തിൽ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുന്നു എന്നർത്ഥം അങ്ങനെയുള്ള ബ്രഹ്മം അപ്പൊ ബ്രഹ്മം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും ബ്രഹ്മസൂത്രത്തിൽ ജന്മാർ ജസ്യാ ഏത് ആണോ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഈ ജഗത്തിന്റെ ഉണ്ടായത് അതാണ് അതെയോ അതുകൊണ്ട് തന്നെ ബ്രഹ്മശബ്ദാത്യാദി അർത്ഥാന്തരം ആശങ്കിതവ്യും അപ്പൊ ബ്രഹ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട് എന്താണ് യോ ബ്രഹ്മാണം വിദാദിപുറം രാണോ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് അവിടെ ബ്രഹ്മശബ്ദത്തിന്റെ അടുത്ത ബ്രഹ്മൊന്നാണ് ആ അർത്ഥം ഇവിടെ എടുക്കാൻ പാടില്ല കർമ്മ ബ്രഹ്മോദ്ഭവം വിത്തി കർമ്മ ബ്രഹ്മോദ്ഭവം വിത്തി കർമ്മം എന്ന് പറയുന്നത് ബ്രഹ്മമാകുന്ന കാരണത്തോടു കൂടിയതാണ് ബ്രഹ്മന്ന് പറഞ്ഞ വേദമെന്നാണ് പിന്നെ ബ്രഹ്മശബ്ദം ബ്രഹ്മൺ ബ്രഹ്മൺ ക്ഷത്രജ ക്ഷത്രഞ്ജ എന്നൊക്കെ പറയുന്ന ബ്രഹ്മ ബ്രാഹ്മണനാണ് ഉപേഭവതി ഓതന ഉപൻസത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട് വേദം എന്നർത്ഥമുണ്ട് ബ്രാഹ്മണൻ എന്നർത്ഥമുണ്ട് പിന്നെ ഒരർത്ഥം കൂടെ പറഞ്ഞു ബ്രഹ്മ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നർത്ഥമുണ്ട് പിന്നെ ബ്രഹ്മസത്യം തപോവേദ ബ്രഹ്മത്തിന് സത്യം എന്നർത്ഥമുണ്ട് തപസ്സം എന്നർത്ഥമുണ്ട് ബ്രഹ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട് ഇവിടെ അതൊന്നും കൊടുക്കരുത് അതേവ ന ബ്രഹ്മശബ്ദശ ജാതി തുടങ്ങിയ മറ്റ് ബ്രാഹ്മണ ജാതി അർത്ഥാന്തരം ഏറെ ഒരർത്ഥം ആ സംഗീതം സംഘിക്കരുത് അതായത് ബ്രഹ്മശബ്ദത്തിന് പല അർത്ഥം ഉണ്ടായിരുന്നു ഒരർത്ഥമാണത് ജാതി ഏത് ജാതി ആ അർത്ഥം ഇവിടെ എടുക്കരുതെന്നാണ് അപ്പൊ ബ്രഹ്മ ശബ്ദത്തിന് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി എന്നുള്ള ഒരു അർത്ഥമുണ്ടെന്ന് ഭാഷകാർ സംഭവിക്കുന്നു ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതിയാണെന്നും അംഗീകരിക്കുന്നു നമ്മൾ അത് വർണ്ണമെന്നല്ല പറയുന്നത് ജാതി എന്ന് തന്നെ പറയുന്നു പക്ഷെ അർത്ഥം അവിടെ എടുക്കരുത് കൊടുക്കണം ജന്മാതി അസി യഥ ഏതെന്നാണോ ജന്മസ്ഥിതി ഭംഗങ്ങൾ ഉണ്ടായത് അത് എന്നുള്ള അർത്ഥം കൊടുക്കണം അപ്പൊ ആ ബ്രഹ്മം വേറെയാണ് ഈ പറയുന്ന ബ്രഹ്മാവെന്നോ സത്യമെന്നോ തപസ്സെന്നോ വേദമെന്നോ എന്നുള്ള അർത്ഥം എടുക്കരുത് അർത്ഥം ഭവതി അവിടെ ബ്രഹ്മ ശബ്ദത്തിന് ബ്രഹ്മം എന്ന് തന്നെ അർത്ഥം ബ്രഹ്മത്തെ അറിയുന്നവരും ബ്രഹ്മമായി തന്നെ തീരുന്നു അപ്പൊ ബ്രഹ്മണോ ജിജ്ഞാസ എന്റെ വിഗ്രഹം പറഞ്ഞു ബ്രഹ്മ ജിജ്ഞാസയുടെ വിഗ്രഹം പറഞ്ഞു ബ്രഹ്മണോ ജിജ്ഞാസ ഇത് ഷഷ്ടി സമാസ പിന്നെ ബ്രഹ്മണ ഇത് കർമ്മണി ഷഷ്ടി വ്യത്യാസമുണ്ട് ബ്രഹ്മണ എന്ന് പറയുന്ന ഇത് എന്ത് ഷഷ്ടിയാണ് ജ്ഞാതം ഇച്ഛ ജിജ്ഞാസ ജ്ഞാതം എന്ന് പറയുന്ന തുമന്നം അതിന്റെ കർമ്മമാണ് ബ്രഹ്മം അപ്പോ തുമ്മന്നം തുമ്മന്നു പറഞ്ഞാൽ കൃതന്താണ് ആ കൃതന്ധത്തിന്റെ കർമ്മമാണെന്ത് ബ്രഹ്മം അപ്പോ കൃതന്ധത്തിന്റെ യോഗത്തിൽ കർമ്മത്തിന് ഷഷ്ടി വരും കർത്തൃ കർമ്മോ കൃതി സൂത്രം പറയും കൃതിയോ കർത്തരി കർമ്മിന്റെ ഷഷ്ടി കൃതന്ധമായിട്ട് അന്വയിക്കുമ്പോ ഇവിടെ കൃതന്ധം ഏതാണ് കൃതന്ധം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഞാൻ അതിനോട് അന്വയിക്കുന്നതിന് ഇച്ഛ ബ്രഹ്മത്തെ അന്വയിക്കും അപ്പോൾ ജ്ഞാതമെന്ന് പറയുന്ന കൃതന്ധത്തിന്റെ യോഗം ബ്രഹ്മത്തിനോ അപ്പോൾ ആ ബ്രഹ്മത്തിൽ ഷഷ്ടി വിഭക്തി വന്ന് ബ്രഹ്മണഹാമോ അതാണ് കർത്തൃ കർമ്മണോഹോ കൃതി എന്ന് പറയുന്ന സുഖം കർത്താവിനും കർമ്മത്തിനും കൃതന്തത്തിന്റെ യോഗത്തിനെന്തോരം സൃഷ്ടി കർത്താവിന് ഉദാഹരണമാണ് കൃഷ്ണസ് കൃതി എന്ന് പറയും കൃതി എന്ന് പറയുന്ന ഡുക്കുറിഞ്ഞ കർണയിൽ നിന്ന് ഭാവപ്രത്യകം വന്നിരിക്കുകയാണ് കൃതി പ്രവൃത്തി എന്നർത്ഥം ആ പ്രവൃത്തിയുടെ കർത്താവണാല് കൃഷ്ണൻ കൃതി എന്ന് പറയുന്ന കൃതാന്തം കൃതന്ധത്തിന്റെ അന്വയം വന്നു കർത്താവിനോട് കൃഷ്ണൻ എന്ന് പറയുന്നത് കർത്താവ് അപ്പൊ കൃതന്ധത്തിന്റെ അന്വയം കർത്താവിനോട് വന്നു കഴിഞ്ഞാൽ കർത്താവിലെ ഏത് വ്യക്തി വരണം അതാണ് കൃഷ്ണസ് കൃതിയും അങ്ങനെ പറയാൻ കാരണം എന്താണ് കൃതി എന്ന് പറയുന്നത് കൃതന്ധമാണ് അത് ഭാവാർത്ഥത്തിൽ വന്നു അപ്പൊ കർത്താവ് അനുപ്തമായി ഭാവാർത്ഥത്തിൽ കർത്താവ് അനുപ്തമാവും അനുക്തമായ കർത്താവിലെ ഏത് വ്യക്തി അനിക്തമായ ധി വരണം വരുന്നത് പ്രാതിപതികാലത്ത ലിംഗപരിമാണ വചന മാത്രേ പ്രഥമാണ് പ്രഥമ പക്ഷെ ഇവിടെ നിന്നുവരുന്നു ഷഷ്ടി വരുന്നു അപ്പൊ കർത്തരി ഷഷ്ടിന്ന് പറയും ത്തിന്റെ യോഗത്തിൽ കർത്താവിന് ഷഷ്ടി വരുമ്പം പറയും കർത്തരിഷ്ടി അതുപോലെ കർമ്മണി ഷഷ്ടി ജഗതഹ കർത്ത എന്ന് പറയുന്നു കർത്താവ് കൃതന്ധമാണ് എന്തിനെ സൃഷ്ടിച്ചു എന്തിന്റെ കർത്താവ് ജഗത്തിന്റെ ജഗത്ത് കർമ്മമാണ് ഇപ്പോൾ കർത്താ എന്ന് പറയുന്നത് കൃതന്ധമാണ് കൃതന്ധത്തിന് കർമ്മമായ ജഗത്തിനോടന്യം കർമ്മത്തിന് കൃതന്ധത്തിനോട് അന്യം വന്നു കഴിഞ്ഞാൽ വ്യക്തി വരും ഷഷ്ടി വരും അപ്പോൾ ജഗതഹ എന്നു ജഗതഹ കർത്ത ഇതിന് എന്താ പറയുക കർമ്മണി ഷഷ്ടി എന്ന് പറഞ്ഞു വാസ്തവത്തിൽ കർത്താവെന്ന് പറയുന്നത് ഇവിടെ കർത്ത കർത്തരത്തിലാണ് ടുകറിഞ്ഞ കരുണെന്ന് പറയുന്നത് തിരിച്ച് പ്രത്യേകം കർത്തരത്താണ് കർത്തരത്തു പറഞ്ഞാൽ കർത്താവ് ഉക്തമായി കർത്താവ് ഉക്തമായി കർമ്മ ഉക്തമായില്ല കർമ്മമാണ് കർമ്മം അനുപ്തമായി കഴിഞ്ഞ ഏത് വ്യക്തി വരണം കർമ്മനുക്തമായ ഏത് വ്യക്തി വരണം നിധി വരണം പക്ഷെ ഇവിടെ എന്തു ചെയ്തു പ്രത്യേക സൂത്രമുണ്ട് കർത്ത റർമ്മണോഹോ കൃതി ഷഷ്ടി വരും അതാണ് ജഗതഹ കർത്താവുന്ന മലയാളത്തിന്റെ അടച്ച ജഗത്തിന്റെ കർത്താവ് കൃഷ്ണസെ കൃതി കൃഷ്ണന്റെ പ്രവൃത്തി ഇങ്ങനെ പറയും ഷഷ്ടി തന്നെ മലയാളത്തിനോടം പറയുന്നു ഏഷ്ണന്റെ പ്രവൃത്തി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബ്രഹ്മണിത് കർമ്മണി ഷഷ്ടി ബ്രഹ്മം കർമ്മമാണ് ജ്ഞാതം എന്ന് പറയുന്നതിന്റെ കർമ്മമാണ് അവിടെ എന്തുവന്നു കർമ്മമാണ് ഷഷ്ടി വന്നേ ഉള്ളത് അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഇച്ഛ എന്ന് വരും ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്തര്ത്ഥം വരും ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഇച്ഛേഷേ ഇവിടെ ശേഷേ ഷഷ്ടി വരാൻ പാടില്ല ഷഷ്ടി വിശേഷം എന്ന് പറയുന്ന സൂത്രമുണ്ട് അത് പ്രകാരം ഷഷ്ടി വരമ്പ എന്താണ് എന്റെ അവിടുത്തെ പ്രാതിപതികാർത്ഥം ഇത് നിന്നും കാരകത്തിൽ നിന്നും വ്യതിരിക്തമായ സ്വസ്വാമി ഭാവാദി സംബന്ധം അതാണ് ശേഷം എന്ന് പറയുന്നത് ആ ശേഷത്തിൽ ഷഷ്ടികൾ കാരകം എന്ന് പറയുന്നത് കർമ്മണി ദ്വിതീയ കർത്തൃകർ തൃതീയ ചതുർഥി സമ്പ്രധാന അധിക ഇതാണത് കാരകങ്ങൾ പ്രധാനമായിട്ട് വരണം പിന്നെ കാരകങ്ങളിൽ അതാത് വ്യക്തി വരും ദ്വനീയ തൃതീയ ചതുർഥി പഞ്ചമി സപ്തമി തത്വം ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമായി സ്വസ്വാമിഭാവാദി സംബന്ധം രാജ്ഞ പുരുഷ അവിടെ പരസ്പര സംബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഷഷ്ടി വന്നു അതുപോലെ ബ്രഹ്മണ ജിജ്ഞാസ സമ്പത്തത്തെ കാണിക്കാൻ വേണ്ടി സൃഷ്ടി വന്നു അങ്ങനെ പറയാൻ പാടില്ല ഇവിടെ ശേഷി സൃഷ്ടിയല്ല സംബന്ധ അർത്ഥത്തിലുള്ള സൃഷ്ടിയല്ല പിന്നെ കർമ്മണി സൃഷ്ടിയാണ് ജിജ്ഞാസ കർമ്മമാണെന്ത് ബ്രഹ്മ അല്ലെങ്കിൽ ജ്ഞാതമിച്ഛ അറിവിന്ദ കർമ്മമാണ് രണ്ടും പറയാം കാരണം ജാനാദി ഇച്ഛതിയെ മൂന്നിനും പരസ്പര ബന്ധമുണ്ട് ജാനാദി എന്ന് വെച്ചാൽ അറിയുന്നു ഇച്ഛതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കും വെച്ചാൽ പ്രവർത്തിക്കും അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ അറിവിനെ തുടർന്ന് ആ വസ്തുവിനെ ഇച്ഛിക്കാം ഇച്ഛ ഉണ്ടാവും അപ്പം അറിയുന്നു ഇച്ഛിക്കുന്നു അപ്പൊ അറിയാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താവും ഇച്ഛയുടെ കർമ്മമാവും അറിവ് അറിയാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോരം ഇച്ഛയുടെ കർമ്മമാവും അറിവും എന്തിനെ അറിയാൻ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അപ്പോൾ അറിയാൻ ബ്രഹ്മത്തെ അറിയാൻ എന്ന് പറയുമ്പോൾ അറിവിന്റെ കർമ്മമാവും ബ്രഹ്മം അപ്പൊ ഇച്ഛയുടെ കർമ്മമാവും അറിവ് അറിവിൻ്റെ കർമ്മമാവും ബ്രഹ്മം അങ്ങനെ വരുന്നിടത്ത് ഇവിടെ ഷഷ്ടി ശേഷപ്രകാരം ശേഷ ഷഷ്ടി വരാൻ പാടില്ല കേവലം സമ്മതത്തെ കാണിക്കാൻ വേണ്ടി വരാൻ പാടില്ല പിന്നെ കർമാർത്ഥത്തിൽ കർമ്മണി കർത്തൃകർമ്മപ്പെടുത്തി എന്നുള്ള സൂത്ര പ്രകാരം കർമ്മത്തിൽ ഷഷ്ടി വരണം ഇതൊക്കെ വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ബ്രഹ്മസൂത്രം പഠിക്കുന്നവർക്ക് വ്യാകരണം അറിയുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ മനസിലാകത്തില്ല കുഴഞ്ഞൊന്നും പോവത്തില്ല ശ്രദ്ധിക്കാതിരുന്ന ശ്രദ്ധിച്ച കുഴഞ്ഞു ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം ധർമ്മജിജ്ഞാസ അവിടെ പറയുന്നത് വ്യത്യാസമുണ്ട് ധർമ്മ ജിജ്ഞാസ ധർമ്മ ജിജ്ഞാസ ചതുർത്ഥിയാണ് അവിടെ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ ഇവിടെ അങ്ങനെയുണ്ട് വ്യത്യാസമുണ്ട് പൂർണമീമാംസര് ധർമമായ ചതുർഥി സമാസമാണ് സ്വീകരിക്കുന്നത് അവിടെയും അർത്ഥമൊക്കെ ഇതുപോലെ പറയും ജിജ്ഞാസാന്ന് പറയുന്ന അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനെ ധർമ്മത്തെ അറിയുന്ന ആഗ്രഹത്തിന്റെ കർമ്മവും എന്താണ് ഞാനും എന്തിനുള്ള ജ്ഞാനം എന്തിനു വേണ്ടിയുള്ള ഞാനും ധർമ്മത്തിന് അങ്ങനെ ഇവിടെ അങ്ങനെ എല്ലാ അർത്ഥം ഇവിടെ കർമ്മണി ഷഷ്ടിയാണ് എന്ന ശേഷി ശേഷ ഷഷ്ടിയല്ല കർമ്മണി പക്ഷികാരനും ഇവിടെ നിർബന്ധമാണ് ഇതൊക്കെ ഭാവനയിൽ ഒരുപാട് വിശദീകരിക്കും അതായത് മൂന്നാമത്തെ പദം ബ്രഹ്മ ജിജ്ഞാസെന്നു പറയുന്നതിന് വ്യാഖ്യാനിക്കുകയാണ് എന്തെടുക്കണം കർമ്മി ഷഷ്ടി എടുക്കുന്ന ശേഷി ശേഷി സൃഷ്ടി എടുക്കാൻ പാടില്ല ശേഷ ഷഷ്ടിന്ന് പറഞ്ഞാൽ ഓർത്തുണ്ട് രാജപുരുഷ രാമസി എന്നൊക്കെ പറയുന്നിടത്താണ് ശേഷ ഷ്ടി അത് രണ്ടും നമ്മളുടെ ബന്ധത്തെ കാണിക്കുന്നു അത്രയോ കർമ്മൻ ഷഷ്ടിയാകുമ്പോ എന്താണ് കർമ്മമാണെന്ന് കാണിക്കുന്നു വ്യത്യാസം ഇവിടെ എന്തുകൊണ്ട് കർമ്മണി ഷഷ്ടി എടുത്തു പറയുന്നു ജിജ്ഞാസ്യപേക്ഷത്വ ജിജ്ഞാസയാ ജിജ്ഞാസ ഉണ്ടാകുമ്പോ അവിടെ ജിജ്ഞാസ്യം ജിജ്ഞാസയുടെ വിഷയമായിട്ടൊന്നു വേണം എന്തിനെ കുറിച്ചുള്ള ജിജ്ഞാസ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസ ഇച്ഛ ഇച്ഛയുടെ വിഷയത്തെ ആശ്രയിക്കുന്നു അപ്പൊ അത് കർമ്മമാണ് കർമ്മണി ഷഷ്ടി ആണ് ജിജ്ഞാസ്യം ജിജ്ഞാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജിജ്ഞാസയുടെ വിഷയം അതിനെ അപേക്ഷിക്കുന്നു എന്ത് ജിജ്ഞാസ അതാണ് ജിജ്ഞാസ്യപേക്ഷത്വ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് വെച്ചാൽ ഇച്ഛയാണ് അപ്പൊ എന്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവിടെ ഇച്ഛ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ പറയുന്നു ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ജിജ്ഞാസ്യപേക്ഷിത്വ ജിജ്ഞാസ ജിജ്ഞാസ്യ അന്തര അനിർദ്ദേശാസ്ത ഇവിടെ ജിജ്ഞാസ ആയിട്ട് വേറെന്തിനേ നിർദ്ദേശിച്ചിട്ടില്ല ഒന്നിനെ നിർദ്ദേശിച്ചിട്ടുള്ളു എന്താണ് ബ്രഹ്മത്തെ ജിജ്ഞാസ്യമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ബ്രഹ്മത്തെ ജിജ്ഞാസ എന്ന് പറഞ്ഞു അത് ഇച്ഛയാണ് അത് എന്തിനുള്ള ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്ത് അറിയുന്നതിനുള്ള ഇച്ഛ എന്തറിയുന്നതിനുള്ള ഇച്ഛ എന്ന് ചോദിച്ചു ബ്രഹ്മത്തെ അങ്ങനെ ക്രമമായിട്ടാ പോകുന്നു അതുകൊണ്ടാണ് ജിജ്ഞാസയുടെ വിഷയമാണ് എന്ത് ബ്രഹ്മെന്ന് പറയുന്നു അപ്പൊ ജിജ്ഞാസയ്ക്ക് എന്തർഥം കൊടുക്കുന്നു ഞാതും ഇച്ഛ നടന്നല്ല ഞാതും ർമ്മം എന്തായി ഇച്ചയുടെ വിഷയം എന്തായി അറിവിന്റെ വിഷയം എന്തായി അങ്ങനെയാണ് പോകുന്നത് കാരണം ജിജ്ഞാസന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു കാര്യം കൂടെയുണ്ട് എന്താണ് ജ്ഞാതം ഇച്ച അവിടെ ജ്ഞാനം കൂടെ ഉണ്ട് ജിജ്ഞാസ എന്ന് പറയുന്നതിന്റെ ഉള്ളിലെന്തുണ്ട് ജ്ഞാനമുണ്ട് അപ്പൊ ജിജ്ഞാസ എന്ന് പറഞ്ഞ അവസാനം എന്തിനാ പറയുന്നത് ഇച്ഛേ അപ്പൊ എന്തെന്റെ ഇച്ച എന്തിന്റെ അച്ഛനും എന്തിന്റെ ഇച്ഛയാണ് അറിവിനുള്ള ഇച്ഛയാണ് അപ്പൊ ഇച്ഛയുടെ വിഷയമായ എന്ത് അറിവ് അറിവിന്റെ വിഷയം എന്തായി ബ്രഹ്മം അങ്ങനെയാ പറയുന്ന ജിജ്ഞാസ അപ്പൊ എന്ന് മൊത്തത്തിൽ പറയും ജിജ്ഞാസയുടെ വിഷയം ബ്രഹ്മം എന്ന് പറയും കാരണം ജിജ്ഞാസ എന്ന് പറയുമ്പോ അവിടെ ഇച്ഛയെയും അറിവിനെയും കൂടെ ചേർത്താ പറയുന്നു ജിജ്ഞാസ എന്ന് പറയുമ്പോയും അവിനെ ചേർത്താണ് ജിജ്ഞാസും ജിജ്ഞാസ്യം എന്ന് പറയുമ്പോ എടുക്കൂ ബ്രഹ്മത്തെ എടുക്കുന്നു അപ്പൊ ഇവിടെ ജിജ്ഞാസ്യന്തര അന്തരദേശം ജിജ്ഞാസ്യമായി വേറെന്തരും ജിജ്ഞാസ്യ അന്തരം എന്ന് വെച്ച ജിജ്ഞാസ്യമായ മറ്റൊന്നും അതിനോട് നിർദ്ദേശിച്ചിട്ടില്ല അത് പറയുന്നത് ഇപ്പൊ ഷഷ്ടി ശേഷേ എന്ന് പറഞ്ഞാൽ അവിടെ സംബന്ധാർത്ഥമായിരിക്കും ബ്രഹ്മണ ജിജ്ഞാസംബന്ധം സംബന്ധം എന്ന് പറയുമ്പോ ബ്രഹ്മസംബന്ധമായ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമല്ല അവിടെ പലതും വരും ബ്രഹ്മത്തോട് അനുബന്ധിയായ പല കാര്യങ്ങളും അവിടെ വരും അറിയുന്നുള്ള ആഗ്രഹം അല്ലേ അപ്പൊ ഇതിന അറിവ് എങ്ങനെ ഉണ്ടാക്കണം അറിവിന്റെ ഉപായം എന്താണ് അറിവിന്റെ പ്രയോജനം അറിവിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെയുള്ള അറിവാണ് പലതും വരും അപ്പൊ സംബന്ധാർത്ഥോടത്തായി പലതിനെയും ഉൾക്കൊള്ളാം പൂർവക്ഷിയുടെ താല്പര്യമാണ് അതേസമയം സിദ്ധാന്തി പറയുന്ന എന്താണ് ജിജ്ഞാസക്കിവിടെ ഒരു വിഷയമുള്ളൂ പലതുമില്ല ഒന്നേ ഉള്ളൂ എന്താണ് ബ്രഹ്മം ജിജ്ഞാസ് അന്തര നിർദ്ദേശം അതുകൊണ്ട് കർമ്മണി ഷഷ്ടി എടുത്താൽ മതി ശേഷ ഷഷ്ടി എടുക്കേണ്ട കാര്യം ശേഷ ഷഷ്ടി പരിഗ്രേവി ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മത്തുന്ന വിരുദ്ധരെ ർഷനി ഉത്സൃം വിചാരതിജ്ഞാതിരിഗ്രഹേ തേക്ഷിത ബ്രഹ്മി ജാനേന ആത് പ്രധാന തസ്ൻ പ്രധാനേ ജിജ്ഞാസാകർമ്മി പരിഗൃഹീത ഏർജിജാസിതൈർ വിജിജ്ഞാസിതം നമുതി താർത്ഥക്ഷിപ്പേതി നൃതപത്രയുക് सपरिवार भूदानि ുതേജി പ്രത്യക്ഷമേ കമ്മണി ഷഷ്ടീ പരിഗ്രഹേ സൂത്രേണ അനുഗതം ഈ കർമ്മണി ഷഷ്ടി എന്ന് പറയുന്ന ഈ ഒരു വ്യാകരണ വിഷയമാണ് ഇത്രയും പറയുന്നത് ഈ പറയുന്ന പോലെ ആ ഷഷ്ടിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് കർമ്മണി ഷഷ്ടി എടുക്കുന്നു എന്തുകൊണ്ട് ഷഷ്ടി ശേഷ എന്നുള്ള സൂത്രപ്രകാരം സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടി എടുക്കുന്നില്ല അത് ഇവിടെ ഒരു വലിയ സീരിയസായ വിഷയമായിട്ട് എടുത്തിട്ട് ഭാഷകാരം എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുകയാണ് ഇത് വലിയ കുഴമ്പൊന്നുള്ള കാര്യമില്ല ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്നുള്ളതേ ഉള്ളൂ എന്നാലും അവിടെ എന്ത് ചെയ്യുന്നു വ്യാകരണപരമായിട്ട് താൻ പറയുന്ന കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വ്യാകരണ പാണ്ഡിത്യത്തെക്കൂടെ ഇവിടെ കാഴ്ചകാരൻ പ്രകടമാക്കുകയാണ് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്